ം ഇരുപത് പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോടെ പുറപ്പെട്ടു അമോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബയെ വളഞ്ഞു ദാവിദോ യെരുഷലേമിൽ തന്നെ താമസിച്ചിരുന്നു യോവാബ് രബ്ബയെ പിടിച്ച് നശിപ്പിച്ചു ദാവിദവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്തു അതിന്റെ തൂക്കം ഒരു തലന്ത് പൊന്ന് എന്ന് കണ്ടു അതിൽ രക്തങ്ങളും പതിച്ചിരുന്നു അത് ദാവീദന്റെ തലയിൽ വെച്ചു അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി ഇങ്ങനെ ദാവീദ് അമൂന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു പിന്നെ ദാവീദും സകലജനവും എരുശല്യമിലേക്ക് മടങ്ങിപ്പോന്നു അതിന്റെ ശേഷം ഗേസഡിൽ വെച്ച് ഫെലിസ്തീനോട് യുദ്ധമുണ്ടായി ആ സമയത്ത് ഹൂശാത്യനായ സിബഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു പിന്നെ അവർ കീഴടങ്ങി പിന്നെയും ഫെലിസ്തീനോട് യുദ്ധമുണ്ടായപ്പോൾ യായിറിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗോല്യാത്തിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു അവന്റെ കൊന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്രുതടി പോലെ ആയിരുന്നു വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി അവിടെ ദീർഘകായനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവന് ഓരോ കൈക്ക് ആറാറു വിരലും ഓരോ കാലിന് ആറാറു വിരലും ആകെ ഇരുപത്തിനാല് വിരൽ ഉണ്ടായിരുന്നു അവനും ജനിച്ചവനായിരുന്നു അവൻ ഇസ്രയേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമയുടെ മകനായ യോനഥാൻ അവനെ വെട്ടിക്കൊന്നു ഇവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവർ ആയിരുന്നു അവർ ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കയ്യാൽ